്രകാശം ഞാനുഭവം എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ അർത്ഥപ്രകാശം ആത്മപ്രകാശം എന്ന് പറയുന്നു ഈ സംയത്വം പ്രകാശവുമായിട്ട് ഭിന്നമാണോ ഭിന്നമോ ആദ്യത്തെ പക്ഷം കൊടുത്ത് ഭിന്നമാണ് ഭിന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദോഷം വരും പറഞ്ഞു അതെല്ലാം ജഡമാകും അപ്പൊ സംയുക്തം സ്വയം പ്രകാശം അല്ലാതായിട്ട് ബാക്കിയെല്ലാം ജഡമാകും ഞാൻ ആ അനുഭവം അതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ജഡമാക്കി പിന്നെ ഞാനും സ്വയം പ്രകാശം അല്ലാതായിട്ട് ആദ്യത്തെ അതുപോലെ തന്നെ ഈ പ്രകാശവും സ്വയംപ്രകാശവും അല്ലാതെ തീരുന്നു കാരണം അത് കജിടമാണ് പിന്നെ ഇതെല്ലാം അഭിന്നമായി കഴിഞ്ഞാൽ ഇക്കുറെ അതിനർത്ഥമുള്ള സംത്ഥം ആത്മാ ഇത് മൂന്നുമുണ്ട് എന്നേ ഉള്ളൂ ഇതുകൊണ്ട് എന്താണ് അർത്ഥ അനുഭവമൊന്നും ഉണ്ടാകത്തില്ല മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു എന്ന് വിചാരിച്ചത് അർത്ഥാനുഭവം ഉണ്ടാകത്തില്ല സംയുക്തവും അർത്ഥവും ആത്മാവും അല്ലെങ്കിൽ പിന്നെ മൂന്നിനെയും സ്വയംപ്രകാശമെന്ന് പറയേണ്ടി വരും അങ്ങനെ ദോഷങ്ങൾ പറഞ്ഞു പറഞ്ഞു വിവക്ഷിത അർത്ഥ സത് പിന്നെ അവിടെ എന്താണ് അഭേദമായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ് അത് വീണ്ടും പറയാം കാരണം സംയുത്തിന് പ്രകാശമുണ്ട് എന്നുള്ളത് അർത്ഥത്തിനും ആത്മാവിനും പ്രകാശമുണ്ട് ഇതാണ് പ്രധാനമായി പറയുന്ന കാര്യം സംയുത്തിന് ജ്ഞാനം അതിന്റെ അനുഭവമുണ്ട് അതുകൊണ്ട് അതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് അതിനെ അറിയുന്നു സംയുത്തിന് സംയുത്തറിയുന്നു അതാണ് സംവിധാനം സംയുത്ത് സംയുത്തിനെ അറിയുന്ന വെച്ചാൽ അത് അതിനെ അറിയുന്നുള്ളു വേറെതിനെ അറിയുന്നില്ല എന്നല്ല എന്റെ അർത്ഥം എന്നാണ് ആര് പറയുന്നത് വാചസ് വാചസ്പതി പറയുന്നു സംയുത്ത് സംയുത്തിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ അറിയുന്നില്ലെന്നാണ് പ്രഭാകരൻ പറയുന്ന അങ്ങനെയല്ല സംയുത്ത് സംയുത്തിനെ അറിയുന്നുണ്ട് സംയുത്ത് ആത്മാവിനെയും അർത്ഥത്തെയും അറിയുന്നു ഇതിനൊരു ത്രിപുടി എന്ന് പറയും ഇത് അംഗീകരിക്കില്ല ഞങ്ങളത് സമ്മതിക്കത്തില്ല വാശിയാണ് പ്രഭാവനം പറയുന്നത് എന്തുകൊണ്ടായി കൂടാ പ്രഭാവനം പറയുന്ന വളരെ എന്താണ് ഒരാളോട് ചോദിക്കുകയാണ് നിനക്കറിവുണ്ടോ നിന്റെ ഉള്ളിൽ അറിവുണ്ടോ ഉണ്ട് എന്റെ ഉള്ളിൽ അറിവുണ്ട് എന്തുകൊണ്ട് നീ പറയുന്നു ഉള്ളിൽ അറിവുണ്ടെന്നോ ഉത്തരം എന്ത് പറയും അറിവിനെ കുറിച്ച് എനിക്ക് അറിയാം എന്റെ ഉള്ളിൽ അറിവുണ്ടെന്ന് എനിക്ക് അറിയാം അത് തന്നെ ഉത്തരം അറിവിനെ അറിയാം എന്ന് പറയുന്നതിന് എന്താ ദോഷം പിന്നെ അർത്ഥങ്ങളെ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ളൂ ഞാൻ പിന്നെ അറിവിനെ അറിയുന്നുണ്ട് വിഷയങ്ങളെ അറിയുന്നുണ്ട് നീ ആത്മാവിനെയും അതിനുള്ള ഞാനെന്ന് പറയും ചോദിക്കുകയാണെങ്കിൽ അറിവ് എവിടെയിരിക്കുന്നു എന്നില്ല നീ ആര് അതാണ് ആത്മാവ് അറിവിന്റെ ആശ്രയമായിട്ട് ഞാൻ അറിയുന്നു ഇതാണ് പ്രഭാകരൻ പറയുന്നത് അവിടെ സിമ്പിളായ കാര്യമാണ് അദ്വൈതി പറയുന്നതിനുള്ള കുരുക്കൊന്നും ഇതിനകത്തില്ല അദ്വൈതി പറയുന്നത് എന്താണോ അറിവ് അറിവിനറിയാൻ പറ്റിയില്ല അറിവറിയറിയുന്നു അവിടെ കർമ്മകർത്തർ ദോഷം വരും അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറയുന്ന തർക്കങ്ങളുടെയൊന്നും ഒരാവശ്യവുമില്ല കേവലമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇതാണ് പ്രഭാകരൻ പറയുന്നത് അപ്പോ ഇപ്പറയുന്നത് എന്താണോ അദ്വി പറയുന്നത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് മൂന്ന് കാര്യങ്ങൾ അംഗീകരിക്കാം ഏറ്റവും എന്താണോ അർത്ഥം ആത്മാവ് സംയുക്തം ഇതിന്റെ സഹഭാവം മൂന്നും ഇരിക്കുന്നു എന്നു വേണമെങ്കിൽ പറയാം ഇത്രയും പറയാം ഇതോടെ പറഞ്ഞു നേതാ അംഗീകരിച്ചു പക്ഷെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ഏവം ചെയ്ത് യാവത് ഉപം ഭവതി പറയാൻ പറ്റൂ സംത്മാർത്ഥവും സഹ ഇത്രയേ നമുക്ക് പറയാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത് ആരാ പറയുന്നത് പിന്നെ സമിത് പ്രകാശം അർത്ഥപ്രകാശം ഈ പ്രകാശം ചേർത്ത് പറയാൻ പറ്റും പക്ഷെ പ്രഭാകരനെ സംബന്ധിച്ച് പ്രകാശം ചേർത്ത് പറയുന്നുണ്ട് വന്നാൽ എന്തോ പറ്റൂ അനുഭവം ഉണ്ടാകത്തു ത്രിപുണി ഉണ്ടാകത്തു തർക്കത്തിലൂടെ തോപ്പിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല സമർത്ഥിച്ച് ഒരു താർക്കിക വ്യക്തി കൊണ്ട് എന്ത് ചെയ്തു പ്രഭാകരനെ പരാജയപ്പെടുത്തിയിട്ട് പറയണോ അത് സാധിക്കും അപ്പോ ഈ അറിവിന്റെ കാര്യത്തിൽ പഴയകാലത്ത് അറിവെന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്ങനെ തർക്കത്തിലൂടെ അറിവെന്താണെന്നും തർക്കത്തിലൂടെ തീരുമാനിക്കുന്നു അവിടെ അനുഭവം എന്നുള്ളതിന് പോലും പ്രാധാന്യം കൊടുക്കുന്നു അതിനും പ്രാധാന്യം കൊടുക്കുന്നു എന്താണ് നമ്മുടെ അനുഭവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതാണ് ഈ ഫിലോസഫിക്കുള്ള ഏറ്റവും വലിയൊരു പോരായ്മ അതാണ് ഒന്ന് അത് അനുഭവത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന തർക്കത്തിൽ എന്നുവെച്ചാൽ നമ്മളീ തത്വചിന്തക്കുള്ള ഒരു കുഴപ്പമാണ് പിന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മുടെ അനുഭവ യാഥാർത്ഥ്യങ്ങളാണ് എന്ത് ജ്ഞാനം എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് അറിവെന്ന് പറയുന്ന അനുഭവ യാഥാർത്ഥ്യമാണ് പിന്നെ വസ്തുക്കളിലൊരു അനുഭവ യാഥാർത്ഥ്യമാണ് നമ്മളെ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം ഈ അനുഭവ യാഥാർത്ഥ്യങ്ങളെയൊക്കെ കുറിച്ച് അതെന്താണ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നതിന് എന്താണ് കേവലം തർക്കത്തെ ആശ്രയിച്ച് തീരുമാനിക്കുന്നു ശരിയാകില്ല പാചകവും യുക്തികൾ കൊണ്ട് തീരുമാനിക്കാന്ന് ശരിയാകും തർക്കിച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ടും തർക്കിക്ക അവിടെയാണ് സയൻസ് പറയുന്നത് അങ്ങനെ തീരുമാനിച്ചാ പറ്റും അതൊക്കെ വേണ്ടി വന്ന ഉപയോഗിക്കാം പക്ഷെ എന്തുവേണം എങ്ങനെ തീരുമാനിക്കണം ഏ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും നിങ്ങൾ പറയുന്നതിന് നിങ്ങളെന്താ തെളിവാണ് തെളിയിക്കണം നിങ്ങളത് പറയുന്നതാണ് ഇതിന്റെ സഹഭാവത്തെ കുറിച്ചത് ഇതിന്റെ ദോഷം പറയാണ് വീണ്ടും അദ്വൈതി പറയാണ് ഈ സഹഭാവം അംഗീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്നുവച്ചാ അതീത അനാഗത അർത്ഥ ഗോചരായ സംയുത്തോ അർത്ഥ സഹാവോ എന്റെ ഉള്ളിൽ ോധമുണ്ട് സംയത് ആ ബോധത്തിന് സംയത്വെന്ന് പറയുന്നത് ഞാൻ ഞാൻ എന്റെ നഷ്ടപ്പെട്ടുപോയ ഒരു പുസ്തകത്തെ കുറിച്ച് ഇപ്പൊ ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് എന്ന് വെച്ച അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ ഉള്ളിൽ വന്നു ഇപ്പൊ സ്മൃതി രൂപത്തിലായിക്കോട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരവൻ്റെ ഉള്ളിൽ വന്നു നഷ്ടപ്പെട്ടു പോയ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന എനിക്ക് സ്വന്തമാകാൻ പോകുന്നു ഭാവി ഒരു പക്ഷേ ഞാൻ എഴുതാൻ പോകുന്ന വസ്തുവായി അല്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന വസ്തുവായി ഭാവിയിലുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഇപ്പൊ ഇവിടെ രണ്ടർത്ഥങ്ങളുണ്ട് ഒന്നെന്താണ് നഷ്ടപ്പെട്ടു പോയത് മറ്റൊന്നെന്താണ് ിട്ടാണ് ഇനി ഈ സംയുക്ത ബോധം എന്ന് പറയുന്നത് എപ്പോ ഇരിക്കുന്നു ഏ ബോധം എവിടെ ഇരിക്കുന്നു ഉള്ളില് ഇപ്പൊ എപ്പോഴാ ബോധം ഈ സമയത്ത് അതാണ് എന്താണ് നഷ്ടപ്പെട്ടുപോയ ആ പുസ്തകത്തെ കുറിച്ചുള്ള ബോധം ഇപ്പോഴാണ് ഞാൻ നീ ഭാവിയിൽ എഴുതാൻ പോകുന്ന പുസ്തകത്തെ കുറിച്ചുള്ള ബോധം ഇപ്പോഴാണ് അപ്പൊ അർത്ഥം ഏതാണ് ഒന്ന് കഴിഞ്ഞു പോകുന്നു മറ്റൊന്ന് വരാൻ പോകുന്നു അപ്പോ ഈ ബോധത്തിന് സംയുത്വം പറയും സംയുത്വം ഈ അർത്ഥങ്ങളുമായിട്ട് സഹഭാവമുണ്ടോ ഒരുമിച്ചിരിക്കുന്നുണ്ടോ അപ്പോ സംയത്വം അർത്ഥവും ഒരുമിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇതിന് എന്ത് മനസ്സിലാക്കാം ഇപ്പം ഞാൻ ഈ പശുവത്തെ കാണുമ്പോൾ ശരിയാണ് എന്റെ ബോധവും പ്രസുവും ഒരുമിച്ചിരിക്കുന്നുണ്ട് വർത്തമാനകാലത്ത് വിഷയം മാത്രമേ ഇപ്പൊ സംയുക്ത അർത്ഥ സഹാവം എന്ന് പറയുന്നത് ഭൂതഭാവികളെ യോജിപ്പിക്കാൻ പറ്റില്ല മനസ്സിലായോ പറഞ്ഞാൽ ഭൂതഭാവികളിലുള്ള അർത്ഥവുമായിട്ട് സംയുക്തിന് സ്വഭാവം ഉണ്ടാകത്തില്ല ഭൂതം കഴിഞ്ഞു പോയത് ഭാവി വരാനുള്ളത് അപ്പോൾ അർത്ഥം ഇപ്പൊ ഇല്ല അപ്പൊ ഈ ഇപ്പോഴത്തെ ഈ അർത്ഥത്തിന് എങ്ങനെ അതിനോടൊപ്പം ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ ഈ ഈ ബോധം അതിന് ഭൂതകാലത്ത് പോകാൻ പറ്റും എന്റെ ഉള്ളിൽ ഇപ്പൊ ഇരിക്കുന്ന വർത്തമാനത്തിന് ബോധത്തിന് ഭൂതത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റും എന്റെ ഇപ്പോഴ വർത്തമാനത്തിലിരിക്കുന്ന ഈ ബോധത്തിന് അതിപ്പോ എവിടെയുണ്ട് ഈ പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബോധത്തിന് ഭാവി കാലത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റും കാരണം ഇതിപ്പോ ഇരിക്കുന്ന എവിടെ ഈ ബോധത്തിന് ആശ്രയമായ ആത്മാവിലിരിക്കുകയാണ് ബോധം എവിടെയെങ്കിലും ഇരിക്കണ്ടേ അതെവിടെയിരിക്കും ആശ്രയമായ ആത്മാവിലിരിക്കും അത് വർത്തമാനകാലത്തിലായിരിക്കുന്നത് അർത്ഥം ബോധത്തിലും ഭാവിയിലുമാണ് അപ്പൊ ഇവിടെ അർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് പോലും ശ്രദ്ധിക്കാൻ ഒക്കത്തില്ലെന്ന് മനസിലായോ എന്താ ഇങ്ങനെ പറയുന്നത് ഒരർത്ഥത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തു വേണം സംയത്തിന് അർത്ഥ സ്വഭാവം ഏതെന്ന് വെച്ചാൽ സംയുത്തും അർത്ഥവും ഒരേ കാലത്തിരിക്കുന്നു മനസ്സിലായ സംയത്വ അർത്ഥവും അതീത അനാഗത വസ്തുക്കളിൽ അർത്ഥ സ്വഭാവം സംയത്തിന് ഒരുമിച്ചിരിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത് അച്ചാ അതീത അനാഗത അർത്ഥഗോചരായ സംയുത്തോഹോ അതീതം അനാഗതം തുടങ്ങിയ അർത്ഥത്തെ ഗോചരമാക്കുന്ന സംയുക്തം അതിന് വിഷയമാക്കുന്ന സംയത്തിന് അർത്ഥസൗഹ സൗ സൗഭാവോഭി നാണ് അർത്ഥഭാവം വരുന്നത് അവിടെ അതിനെ അതിനെ ഗോചരമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കാം ഭാവനയെ കാണാം ഭാവി പുസ്തകം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഭാവി സ്മരിക്കുക എന്താണ് നഷ്ടപ്പെട്ട പുസ്തകത്ത് പക്ഷെ അർത്ഥ സ്വഭാവം വരത്തില്ല അതിനെ വിഷയമാകുന്ന ഒരു ചിന്ത ഉള്ളിൽ വർത്തമാനത്തെ വരും ഉള്ളൂ യും ഭൂതത്തിലെയും വിഷയങ്ങളെ കുറിച്ച് സ്മരിക്കുകയോ ഭാവന ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ബോധം സമിത്ത് എവിടെയായിരിക്കും എപ്പോ വാർത്ത സ്വഭാവം ആര് പറയുന്നു പ്രഭാകരനെ ഖണ്ക്കാൻ വേണ്ടി ഇതിന് പ്രഭാകരൻ മറുപടി പറയുന്നു തദ്വിഷയഹാന ഉപാദാന ഉപേക്ഷാബുദ്ധി ജനന ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് കഴിഞ്ഞുപോയ വസ്തുവിനെ അതിന്റെ ജ്ഞാനം എനിക്കുണ്ടാകുന്നു ഇപ്പോ ഉണ്ട് വരാൻ പോകുന്ന വസ്തുവിനെ കുറിച്ചും ഞാനും ഉണ്ട് രണ്ടും ഞാനും അപ്പോ ഇവിടെ ജ്ഞാനം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ജ്ഞാനത്തിനും ആ വസ്തുവിനെ സംബന്ധിച്ച് ആ കഴിഞ്ഞുപോയ വസ്തുവിനെ കുറിച്ച് ഒരു ഉപാദാന ബുദ്ധി അതെനിക്ക് വേണമെന്നുള്ളൊരു ബുദ്ധി ഉണ്ടാവാം ഉപേക്ഷാബുദ്ധി ഉണ്ടാവാം വേണമെന്നില്ല വേണ്ടന്നും ഇനി ത്യാജ്യബുദ്ധിയുണ്ടാകാം പോട്ടെ ഇതൊക്കെ ഉണ്ടാകാണ്ടോ കഴിഞ്ഞു പോയതാണെങ്കിലും ഹാനം ത്യാജ്യം ഉപാധാനം സ്വീകരിക്കുക ഉപേക്ഷ രണ്ടുമില്ല ബുദ്ധിയുണ്ടാകാം ഉണ്ടായി കൂടി ഭാവിയിൽ വരാൻ പോകുന്ന വസ്തുവിനെ കുറിച്ച് എനിക്ക് വേണ്ട അങ്ങനെ ഒരു പുസ്തകം വേണ്ട ഹാന ബുദ്ധിയുണ്ടാകാം ത്യാജ്യബുദ്ധി ഉപാദാനം അല്ല വേണം അതെനിക്ക് അങ്ങനെ ഒന്ന് സ്വന്തമാക്കണം ഉപേക്ഷാബുദ്ധി വരാം രണ്ടും രണ്ടും ചിന്തയില്ല വേണമെന്നില്ല വേണ്ട രണ്ടും വരാം ഇതിനെയാണ് ഹാന ഉപാദാന ഉപേക്ഷാബുദ്ധി എന്ന് പറയുന്നത് ഭൂതഭാവിയിലെ വസ്തുക്കളെ സംബന്ധിച്ച് ഉപേക്ഷാബുദ്ധി ഉണ്ടാകണമെങ്കിൽ പറയുന്നു അവിടെ എന്താണ് ഒരു ഈ ജ്ഞാനത്തിനൊരർത്ഥസ്വഭാവം ഉള്ളത് കൊണ്ടല്ലേ അത് വന്നത് അർത്ഥങ്ങൾ കഴിഞ്ഞുപോയതായിക്കൊള്ളോട്ടെ എന്നുവെച്ചാൽ ആ വസ്തുവിനെ അറിഞ്ഞണ്ടൂതത്തെയായാലും ഭാവിയായാലും അറിഞ്ഞു എന്നുറഞ്ഞ എന്താണ് അവിടെ അർത്ഥവും ജ്ഞാനവും ഒരുമിച്ചിരിക്കുന്നു അറിഞ്ഞു എന്നു പറഞ്ഞാൽ വർത്തമാന കാലത്തിലല്ലേ ഉള്ളു ഭൂതകാലത്തുള്ള അർത്ഥത്തെക്കുറിച്ച് വർത്തമാനത്തിൽ ജ്ഞാനമുണ്ടായി അപ്പൊ ഇവിടെ എങ്ങനെയായി സംഭവിക്കുന്നത് ആദ്യം എനിക്ക് ഭൂതത്തിലെയോ അല്ലെങ്കിൽ ഭാവിയിലെയോ വസ്തുവിനെ കുറിച്ച് ഞാനോ ഉണ്ടാവും പിന്നെ എന്തു ചെയ്യും അടുത്ത ചിന്തയുണ്ടാവും അതിനെ എടുക്കണമോ ഉപേക്ഷിക്കണമോ അതോ ഞാൻ ഉപേക്ഷ വിചാരിക്കണം ഇത് പിന്നീടുണ്ടാവും അപ്പൊ എന്തായാലും ദാന ഉപാദാന ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളതുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം സംയുത്ത് ആ അർത്ഥത്തെ വിഷയമാക്കുന്നു ഭൂതത്തും ഭാവിയിലുമുള്ള അടുത്ത സംയുക്ത വിഷയം അതായത് ഇപ്പം ഇപ്പം മൊബൈലിന് എനിക്ക് എടുക്കണമെന്ന് തോന്നണമെങ്കിൽ എടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം മൊബൈലെന്റെ ബുദ്ധിക്ക് വിഷയമാകണം അതാണ് അടുത്ത വിഷയത്തിൽ മൊബൈൽ ബുദ്ധിക്ക് വിഷയമാകാതെ മൊബൈലിനെ എടുക്കണം ഉപേക്ഷിക്കണം എന്നൊരു ബോധം എനിക്കുണ്ടാവും എന്റെ ബുദ്ധിക്ക് വിഷയായി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവിടെ അർത്ഥ സഹഭാവിത്വം എന്നുവെച്ചാൽ എന്റെ ബുദ്ധിയും ആ അർത്ഥവും ഒരുമിച്ചിരിക്കും എന്നുവെച്ചാൽ അർത്ഥ സ്വഭാവത്വത്തിന് അർത്ഥം വർത്തമാനത്തിൽ തന്നെ വേണമെന്നില്ല എന്നാണ് പറഞ്ഞുവരുന്നത് ഭൂതഭാവിയിലെ അർത്ഥങ്ങളായാലും ഒരാ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പിന്നെ ചിന്തകളുണ്ടാവുന്നത് ബുദ്ധി അതിനെ വിഷയമാക്കിയതുകൊണ്ടാണ് അതാണ് ഇവിടെ പറയുന്നത് തദ്വിഷയ എന്ന് വെച്ചാൽ അർത്ഥവിഷയമായിട്ടുള്ള ഉപേക്ഷാ ബുദ്ധി ഹാനം ഉപാദാനം ഉപേക്ഷ എന്നിങ്ങനെയുള്ള ബുദ്ധി അതാണ് തദ്വിഷയം എന്താ അർത്ഥ വിഷയമായിട്ടുള്ള ഈ മൂന്നുള്ള ബുദ്ധി ജനന അതുണ്ടാകാറുണ്ട് അതുകൊണ്ട് അർത്ഥ സ്വഭാവം എന്ന് വെച്ചാൽ സമയത്തിന് അർത്ഥ സ്വഭാവമുണ്ട് ഇത് ചെയ്ത് വീണ്ടും ആയുസ്തീ നീ പറയുന്ന ഒന്ന് ശരിയാണ് എന്താണ് അർത്ഥ സംവിധൈവ ആനാദിബുദ്ധീനാമഭി തദ്ഷയത്വനുപത്തെഹേ പറയുന്നു എന്താണോ നിങ്ങള് പറയുന്നത് ശരിയാണ് ആദ്യം എന്ത് ചെയ്യുന്നു സംയുത്ത് ബോധത്തിന് ഭൂതഭാവി പശുക്കളെ കുറിച്ചുള്ള ആ അറിവുണ്ടാകുന്നു ബോധത്തിനുണ്ടാവുന്നു പിന്നെ അതിനെ എടുക്കണോ കൊടുക്കണോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാകുന്നത് ശരി തന്നെയാണ് പക്ഷെ ഇവിടെയൊന്നും അർത്ഥ വിഷയത്വവും വരത്തില്ല സംയുത്തിന് അർത്ഥ എന്തുകൊണ്ടാണ് അർത്ഥ വിഷയത്വം വരാം അർത്ഥമില്ല അതീതമായ അർത്ഥവിപ്പം ഉണ്ടാവും അതീന്ന് വെച്ചാൽ കടന്നുപോയതാണ് ഭാവി അർത്ഥവിപ്പം ഉണ്ടാവും അപ്പൊ പിന്നെ അർത്ഥ വിഷയത്വം ഉണ്ടാവും അപ്പൊ പിന്നെ അർത്ഥ സ്വാഭാവികത്വം അങ്ങനെ വരും ബാക്കി പറയുന്നതൊക്കെ ശരിയാണ് ഭൂതത്തെയും ഭാവിയിലെയും വസ്തുക്കളെ കുറിച്ചുള്ള അറിവുണ്ട് എടുക്കണമോ കൊള്ളണമോ തള്ളണമോന്നുള്ള ചിന്തയുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണോ അവിടെ ആ സമയത്തിന് അത് വിഷയമാകത്തുണ്ട് എന്തുകൊണ്ട് ഭൂതഭാവ്യ വസ്തുക്കളിന് വിഷയമാകത്തില്ല എന്തുകൊണ്ട് ഏ ഇതുവരെ പറഞ്ഞേ വെള്ളത്തി വരച്ച വരെയായി സംയുത്തിന് ആർത്ഥങ്ങൾ വിഷയമാകുന്നില്ല എന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞത് വിഷയമില്ലാത്തതുകൊണ്ട് കത്തുന്നുണ്ട് പക്ഷെ നനഞ്ഞ തീപ്പെട്ടി പോലെ കഴിഞ്ഞുപോയത് ഇപ്പോഴുണ്ടാവും വരാനുള്ള ഇപ്പോഴുണ്ടാവും അപ്പൊ പിന്നെ ഈ അറിവ് ഇപ്പോഴത്തെ ഈ അറിവിനെ അതിനെ വിഷയമാക്കുന്നു എന്നുവെച്ചാൽ അവിടെ അർത്ഥ സ്വഭാവിത്വം അർത്ഥ സ്വഭാവിത്വം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് പറയുന്നു അർത്ഥ സംവിധ അർത്ഥ സംവിധാന തദ്വിഷയത്ത് അനുഭവത്തെ അന്വേഷിക്കുന്നു അർത്ഥസമയത്ത് എങ്ങനെയാണോ തദ്വിഷയം അല്ലാത്തതിരിക്കുന്നത് എന്നുവെച്ചാൽ അർത്ഥവിഷയം അർത്ഥസമയത്ത് അർത്ഥ വിഷയമാകാതിരിക്കുന്നു അർത്ഥവിഷയം എന്ന് വെച്ചാൽ ഏതർത്ഥം ഭൂതഭാവി അത് പ്രത്യേകം മനസ്സിലാക്കുന്നു വെറുതെ അർത്ഥ വിഷയം അപ്പൊ ഈ ജ്ഞാനം തദ്വിഷയമാകുന്നില്ല അതുപോലെതാണ് അർത്ഥ സംഹിതയുവാ ഹാനാധിബുദ്ധി എന്ന് വെച്ചാൽ ഹാനാധിബുദ്ധി എന്ന് പറഞ്ഞല്ലോ ആദ്യം ബോധം ഉണ്ടാവുന്നു പിന്നെ കൊള്ളണോ തള്ളണോന്നും ചിന്തിക്കുന്നു അപ്പൊ ഈ ഹാനാധിബുദ്ധി എന്ന് പറയുന്ന എന്തിൽ നിന്നുണ്ടായതാണോ ഹാനാധിബുദ്ധി എന്തിൽ ഉണ്ടായി ആനാതി ബുദ്ധി എന്തിൽ നിന്നുണ്ടായി ഞാൻ പറഞ്ഞില്ലേ അർത്ഥസംന്ന് പറഞ്ഞില്ലേ ഭൂതഭാവികളെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നു പിന്നെ കൊള്ളണോ തള്ളണോന്ന് ചിന്തിക്കുന്നു അപ്പൊ കൊള്ളണോ തള്ളണോന്നുള്ള ബുദ്ധിയാദി ഇന്നുണ്ടായി അർത്ഥ സംയുക്തം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥ സംയുക്തം എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്ത സമയത്തെന്ന് പറയാ അടുത്ത വിഷയം എന്ന് പറയാൻ എന്തായി ഭൂതഭാവിയിലുള്ള ആ ഭൂതഭാവിയിലുള്ള ർത്ഥത്തെ ജ്ഞാനം വിഷയമാക്കുന്നു ഇതാണ് അർത്ഥ വിഷയം ഭൂതഭാവിയെ അറിയുന്നു ഭൂതഭാവിയുള്ള വസ്തുക്കളെ അറിയുന്നു ആ അറിയുന്നെന്തുണ്ടാവുന്നത് ഏ കാനാദി ബുദ്ധിയുണ്ടാകുന്നത് രണ്ട് ബുദ്ധിയാണ് ഇവിടെ ഒന്നാദ്യം ഭൂതഭാവികളെ അറിയുന്നു രണ്ടെന്താണ് അതിനെ കൊള്ളണോ തരണമെന്നുള്ള ബുദ്ധിമുട്ടുന്നു ഇതൊക്കെ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാം സംഭവിച്ചാലും എന്താണ് ഒരിക്കലും ഈ സംയത്തിന് തദ്വിഷയത്വം ഉണ്ടാകത്തില്ല അർത്ഥ വിഷയത്വം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് വിഷയമില്ല എന്താ അതുകൊണ്ട് എന്ത് വരുന്നു സംയത്തിന് അർത്ഥ സവിഭാവിത്വമില്ല സ്വാഭാവിത്വം വേണമെങ്കിൽ എന്ത് വേണം വിഷയം മനസ്സിലാവുന്നുള്ളു അർത്ഥ സ്വാഭാവികത്വം എന്ന് വെച്ചാൽ ഒപ്പം സംയത്വം ഞാനും ഇരിക്കുക പക്ഷെ അങ്ങനെ ഒരു വിഷയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഞാനൊരു അതൊരു വിഷയത്വം വരുന്നില്ല അർത്ഥ സ്വാഭാവികം ഇല്ലെന്നർ പറയുന്നു അർത്ഥ സംഹിത അർത്ഥ സംഹിത് എന്നതുപോലെ തന്നെ ഹാനാതിബുദ്ധീന എന്ന് പറഞ്ഞാൽ അർത്ഥ സംയത്തിൽ നിന്നും ഉണ്ടായ ഹാനാദിബുദ്ധീന മതി തദ്വിഷയത്വ അനുഭവത്തെ അർത്ഥവിഷയത്വം ഉണ്ടാകത്തില്ല അപ്പോ എന്താണോ അർത്ഥം ആത്മാവ് സംയുത്ത് ഒരുമിച്ചിരിക്കുമെന്ന് പറഞ്ഞാലും ഭൂതഭാവി അർത്ഥങ്ങളോട് അനുകരിക്കാൻ കഴിയില്ലതാണ് പറയുന്നത് വീണ്ടും വിടുന്നില്ല പ്രഭാകരൻ പറയുകയാണ് പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സംയുക്ത വിഷയം അർത്ഥമാകണം മനസിലായ സംയുക്തന്റെ വിഷയം അർത്ഥമാകണം എന്നതാണ് എന്നാലേ ചെറുപുടി ഞാനും ഉണ്ടാവും അപ്പോ പ്രഭാകരൻ വീണ്ടും അതെ പറയും നിങ്ങൾ പറയുന്ന പോലെ അല്ല സംയുത്തിനെ അംഗീകരിക്കുന്നുണ്ടാവുണ്ട് അങ്ങനെ ഈ സംയുക്ത വിഷയമാണെന്ത് അർത്ഥം അടുത്ത് പറയുന്നത് ഹാനാദി ജനനാ ഹാനാദിബുദ്ധിനും അർത്ഥവിഷയ ഹാനാദിബുദ്ധിജനനാ അർത്ഥ സംവിധ തദ്വിഷയത്വം ഇതിച്ച് എന്ന് അടുത്തടുത്ത് വരികയാണ് എവിടെ എന്തിൻ്റെ അടുത്ത് അദ്വൈതിയുടെ സ്വയം പ്രകാശത്തേക്ക് അടുക്കുകയാണ് ഇനി ഒരു രണ്ടു ചാട്ടം കൂടി ചടിയാൽ അദ്വൈനയുടെ സ്വയം പ്രകാശം അവിടെ അങ്ങോട്ട് അവിടെ മുതൽ അങ്ങോട്ട് വരുന്നത് വളരെ പ്രധാനപ്പെട്ട അദ്വൈതത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളാണ് ചർച്ച ചെയ്ത് ഇത് പ്രവാകരനെ നിഷേധിക്കും ഈ പ്രവാകരനെ നിഷേധിക്കുമ്പോൾ കുറച്ച് വ്യക്തമാവും എന്താണ് ഈ അദ്വൈതി സ്വയം പ്രകാശം അതിന് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഈ ഇപ്പൊ പറയുന്നത് എന്താണോ സംവിത്ത് ഭൂതവിഷയത്തെയും ഭാവിയെയും അറിയുന്നുണ്ട് അറിയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അർത്ഥ വിഷയത്തുമുണ്ട് അറിയുന്നുണ്ടെങ്കിൽ ആ വിഷയമാണ് ഈ അർത്ഥങ്ങൾ ആര് പറയുന്നു അപ്പോ ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായതിനു ശേഷമാണ് കൊള്ളണോ തള്ളണോ എന്ന് ചിന്തിക്കുന്നു അപ്പൊ ആ ബുദ്ധിയുടെയും വിഷയമാണെന്ത് ഈ അർത്ഥങ്ങൾ അല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റും അതായത് നിങ്ങളൊരു വസ്തുവിനെ അറിയില്ല അറിഞ്ഞാൽ എന്തു ചെയ്യും ആ വസ്തു അറിവേണ്ട വിഷയമായിരുന്നു അതങ്ങനെ നിഷേധിക്കാൻ പറ്റും ഇനി വസ്തു ഇല്ല എന്ന് പറയുന്നത് എന്താണ് അറിവ് വിഷയമാകുന്നതിന് തടസ്സമല്ല വസ്തു ഇല്ല എന്ന് പറയുന്നത് അറിവിന് വിഷയമാകുന്നതിന് തടസ്സമില്ല കാരണം ഞാൻ എന്താ പറയുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വസ്തുവെന്നാണ് അപ്പൊ ഉണ്ടാകാൻ പോകുന്നതായിട്ട് അറിവിന് വിഷയമാകാം മുമ്പ് നശിച്ചുപോയ വസ്തുവന്നാണ് അപ്പൊ ഇല്ലാത്തതായിട്ട് അറിവിന് വിഷയമാകും മനസ്സിലാകും അപ്പോ ഇത്ര അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണോ ഭൂതഭായു വസ്തുക്കൾ ജ്ഞാനത്തിന് വിഷയമാണ് എന്നംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന ഹാനോപാദാനാദി ബുദ്ധി എന്തായിരിക്കും ആ അർത്ഥത്തെ വിഷയമാകുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്തുവരും അർത്ഥ സ്വഭാവം വരും ഏതെങ്കിലും രൂപത്തിലർത്ഥ സ്വഭാവം വരും ജ്ഞാനത്തോടൊപ്പം തന്നെ എന്തുണ്ട് ഭൂതഭാവി വസ്തുക്കളും ഉണ്ട് ഏത് രൂപത്തിലുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമാണ് മനസ്സിലാവേ പറയുന്നു ഹാനാദി ജനന ഇനി ഇവിടെ ഇവിടെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് ാര്യങ്ങളുടെ രണ്ട് പ്രവൃത്തിയുടെ സംഭവം എന്താണ് ഭൂതകാലത്തെ ഒരു വസ്തു എന്താണ് ഭാവിയിലെ ഒരു വസ്തു അപ്പൊ ഈ വസ്തുക്കളെ സംബന്ധിച്ച് ഒരാൾക്ക് പ്രവൃത്തി ഉണ്ടാകാം ഭൂതത്തെ സംബന്ധിച്ചും ഭാവിയിലെ വസ്തുവിനെ സംബന്ധിച്ച് ഒരാളുടെ പ്രവൃത്തി എങ്ങനെയാണ് ത്യജിക്കുക എന്നുള്ള പ്രവൃത്തി ഉണ്ടാകാം സ്വീകരിക്കുക എന്നുള്ള പ്രവൃത്തി ഉണ്ടാകാം അല്ലെങ്കിൽ ഉപേക്ഷ എന്നുള്ള പ്രവൃത്തി ഉണ്ടാകാം എന്തുകൊണ്ട് അങ്ങനെ ഒരു ബോധമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബോധമുള്ളതുകൊണ്ട് അപ്പോ ഹാനാദിബുദ്ധി ഉണ്ടായാൽ ഹാനാദിപ്രവൃത്തി ഉണ്ടാവും ഹാനാദിബുദ്ധിക്ക് അർത്ഥജ്ഞാനം വരും ഇതാണ് ഇവിടെ പറയുന്നത് ഹാനാദിജനാ ഹാനുപാദാനം തുടങ്ങിയ പ്രവൃത്തികളെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഹാനാതിബുദ്ധി നാം ഹാനം ഉപാദാനം തുടങ്ങിയ ബോധം അർത്ഥവിഷയത് അതൊക്കെ അർത്ഥ വിഷയമാണ് അർത്ഥവിഷയ ഹാനാദിബുദ്ധി ജനനാച്ച അർത്ഥവിഷയ ഹാനാതി ബുദ്ധിയുണ്ടാകുന്നു നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരു അർത്ഥത്തെ സംബന്ധിച്ച് ഹാനാതിബുദ്ധി ഉണ്ടാകുന്ന എന്ത് ജനനാച്ച അർത്ഥ സംവിധ തദ്വിഷയത്ത് അർത്ഥസമയത്തിന് എന്തുവരുന്നു അർത്ഥബോധത്തിന് അർത്ഥ വിഷയത്വം വരുന്നു എന്തുകൊണ്ടും അത് ഹനാധിബുദ്ധി ഉണ്ടാക്കി ഹനാധിബുദ്ധി ഉണ്ടാക്കിയുണ്ടെന്ന് വരുന്നു ഹനാദിപ്രവൃത്തി വരും അതെല്ലാം വരുന്നു ഇത്രയും കാര്യങ്ങൾ ഹനാദിപ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ ആനാധിപുതി ഉണ്ടാവും കാനാധിപുദ്ധിക്ക് കാരണമായി എന്തുണ്ടാവും അർത്ഥബോധമുണ്ടാവും ആ വസ്തുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാവും അപ്പോൾ അർത്ഥ സ്വഭാവം വരും അർത്ഥവും ആത്മാവും സംയതും ഒരുമിച്ചിരിക്കും ഒരുമിച്ചിരിക്കുന്നിടത്തെന്ന് വരും ർത്ഥബബോധം വരുന്നതിന് തടസ്സം എന്നത് ഹനാദിജന ഹാനാദികളെ ഉണ്ടാക്കുന്നുണ്ട് ഹനാധിബുദ്ധിനബുദ്ധി അർത്ഥ വിഷയത്വം അർത്ഥത്തെ വിഷയമാക്കുന്നു അർത്ഥവിഷയ ഹാനാധിബുദ്ധി ജനന അർത്ഥ വിഷയമായ ഹാനാദി ഹനാധിബുദ്ധി ഉണ്ടാക്കുന്ന എന്താണത് അർത്ഥസമയത്ത് അർത്ഥബോധമാണ് അർത്ഥ സംവിധത് വിഷയത്വം എന്നുവെച്ചാൽ അർത്ഥ വിഷയത്വം വരുന്നു അർത്ഥ സംയുത്തിന് അർത്ഥ വിഷയത്വം ഉണ്ട് ഇതാണ് ഇവിടുത്തെ സിദ്ധാന്തം അർത്ഥസം ഉണ്ടോ അർത്ഥ വിഷയത്വം ഉണ്ടോ എന്ന് പറഞ്ഞവിടെ നോക്കുക മൂന്ന് കാര്യങ്ങൾ ആത്മാവ് സംയുത് അർത്ഥം ഇങ്ങനെ ഇരിക്കുമ്പം ഈ സംയുത്വം എന്ന് പറയുന്നത് എന്താണോ അത് അർത്ഥ സംയുത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംയുക്തന്റെ വിഷയം അർത്ഥമാണ് ഇതാണ് പ്രഭാരം പറയുന്നത് ഇതുവരെ പറഞ്ഞു കൊണ്ട് തന്നെ ചുരുക്കം ബാക്കി എല്ലാം കിട്ടാതെ ഇത് എന്താണ് മൂന്ന് വസ്തുക്കളുണ്ട് ആത്മാവ് സംയത് അർത്ഥം ഈ സംയുത്തിന് അർത്ഥ സംയത്വം എന്ന് പറയാം എന്തുകൊണ്ട് ഈ സംയുക്ത അർത്ഥത്തെ വിഷയങ്ങൾ എന്നുവച്ചാ സംയുത്ത് അർത്ഥത്തെ അറിയുന്നു എന്ന് അതാണ് തൃപുടി അപ്പൊ സ്വയം പ്രകാശമാണെങ്കിലും അർത്ഥത്തെ അറിയാം ഇതാണ് പ്രഭാകരൻ പറയുന്നതിന്റെ ജീവിതം തന്നെ അറിയുന്നു എന്നുള്ളത് അർത്ഥത്തെ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല സംയുക്ത് തന്നെയും അറിയുന്നുണ്ട് അർത്ഥത്തെ അറിയുന്നു ഇതാണ് പ്രഭാരം നിഷേധിക്കുന്നു ഒരു ചോദ്യം ചോദിക്കാണ് തത്കീം ദേഹസ്യ പ്രയത്നവും ആത്മസംയോഗവും ദേഹപ്രവൃത്തി നിവൃത്തി ഹേതുഹോ ഇതി അർത്ഥപ്രകാശ വസ്തു കൂടെ വേറൊരു പുറത്തുനിന്ന് ചോദ്യം കൊണ്ട് ഒരാള് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ചോദ്യം ഇടക്കിടയ്ക്ക് നമ്മുടെ സ്വാമി ചോദിക്കുന്നു പറഞ്ഞിരിക്കുന്ന വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ചോദ്യം അതുപോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ് വൈരസെൻ മിശ്ര ഇതുപോലെ ഒരാളാണ് ഒരു ബന്ധമില്ലാത്ത ചോദ്യം ചോദിച്ചോളൂ ചോദിക്കുകയാണ് ഇപ്പം ഒരു വിഷയം എന്റെ മുമ്പിലിരിക്കുന്ന മൊബൈൽ ഞാനിതിനെ എടുക്കും ചിലവ് ഉപേക്ഷിക്കും രണ്ടും സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറയുന്നത് ഇതിന് കാരണമായി പറയുന്നത് ഈ ശരീരത്തിന് ആത്മാവുമായിട്ടുള്ള സമീപമുള്ളതുകൊണ്ടാണ് അതാണ് ഇവിടെ തള്ളാനും കൊള്ളാനും ഈ രണ്ട് പ്രവൃത്തിക്കും കാരണമായിരിക്കുന്നതാണ് ഈ ആത്മാവെന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് അത് പ്രയത്നവതാണ് അത് ഒരു താർക്കികമായിട്ട രീതി പറയുന്നതാണ് അവർ പറയുന്ന ആത്മാവിന് കൃതിയുണ്ട് പ്രയത്നം ആ കൃതിയുള്ള ആത്മാവ് അതിൽ കൃതിയിരിക്കുന്നുണ്ട് അതിന് പ്രവൃത്തിക്ക് കാരണം ആത്മാവിനോട് ശരീരത്തിനെന്തുണ്ട് ഇപ്പോ ആത്മാവുണ്ട് ആത്മാവിന് പ്രയത്നമുണ്ട് പ്രയത്നമുണ്ട് ആത്മാവുമായിട്ട് എന്ത് വരുന്നു സംബന്ധം വരുന്നു വരുമ്പോൾ ശരീരത്തിൽ പ്രവൃത്തിയും നിവൃത്തി ഉണ്ടാവും എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് കൈകൊണ്ട് പ്രസവത്തെ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കളയാൻ ശ്രമിക്കാം രണ്ട് പ്രവൃത്തികളും ഇത് സാധാരണം നടക്കുന്ന കാര്യമാണ് അംഗീകരിക്കുന്നതാണ് അപ്പോ ആത്മാവിൽ പ്രയത്നം വന്നു ഈ ശരീരം ആത്മാവായിട്ട് സംയോഗം വന്നു ഞാൻ ഇതിനെ എടുക്കുന്നു അല്ലെങ്കിൽ കളയുന്നു ഈ പുസ്തകത്തിൽ ഇങ്ങനൊരു എന്താണ് ഹാനഉ ഉപാദാന പ്രവൃത്തി നടക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് ശരീര ആത്മസംയോഗം കൊണ്ട് പുസ്തകത്തിന്റെ ഞാനുണ്ടാകുമെന്ന് ചോദിക്കുന്നു മനസ്സിലായോ ഇതുവരെ പറഞ്ഞിരുന്നതുമായിട്ടൊരു ബന്ധമില്ല അതുമായിട്ട് ചിന്തിക്കും എന്താണ് ചോദിക്കുന്നത് ശരീരവുമായി ആത്മാവുമായിട്ടുള്ള സംബന്ധം കൊണ്ട് ഞാൻ ഇതിനെടുക്കുന്നു വേദന പുസ്തകത്തെ മനസിലായോ പുസ്തകത്തെ എടുക്കുന്നു അല്ലെങ്കിൽ കളയുന്നു ഇങ്ങനെ ഹാനോപകാര പ്രവൃത്തി നടത്തുന്നത് അതിന് കാരണം എന്താണ് ശരീരവും ആത്മാവുമായിട്ടുള്ള ഇതുകൊണ്ട് പുസ്തകത്തിന് ഞാനുണ്ടാവുന്നു എന്തുകൊണ്ടുണ്ടാവില്ല ഉം എന്തുകൊണ്ടാണ് പിന്നെ പറയുന്നത് ഈ ഇവിടെ ഈ ആത്മാവും ശരീരവുമായിട്ടുള്ള ഈ സംയോഗമെന്ന് പറയുന്ന ഒരു ജഡമാണ് മനസിലായോ ഇത് ജ്ഞാനത്തിന് കാരണമാകത്തില്ല ഇത് ജ്ഞാനത്തിന് കാരണം ആവത്തില്ല എന്നർത്ഥം ഇങ്ങനെ ഇവിടെ മൂന്ന് കാര്യങ്ങളാണല്ലോ ഒന്ന് ദേഹം മറ്റൊന്ന് പ്രയത്നമുള്ള ആത്മാവ് ഇത് സിദ്ധാന്തമാണ് ഇങ്ങനെയാണ് പ്രവൃത്തി നിവൃത്തി നടക്കുന്നതാണ് എപ്പോഴാണോ നമ്മുടെ ശരീരത്തിന് ആത്മാവുമായിട്ട് സമയവും ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചിപ്പോൾ ഞാൻ കൈയെടുത്ത് പോക്കുന്നു താക്കുന്നു എഴുന്നേക്കുന്നു ഇരിക്കുന്നു നടക്കുന്നു ഇതൊക്കെ എന്താണോ പ്രവൃത്തിയാണ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്നതിനെന്താണ് ശരീരവും ദേഹവുമായിട്ടുള്ള സമയമാണ് ഇതുപോലെ ഒരു പ്രവൃത്തിയാണ് ഈ പുസ്തകത്തിലുള്ള എന്റെ പ്രവൃത്തി പുസ്തകത്തെ എടുക്കുക അല്ലെങ്കിൽ കളയുക ഈ പ്രവൃത്തിക്ക് കാരണം എന്താണ് ദേഹ ആത്മസമയാണ് അപ്പൊ ഇവിടെ പ്രവൃത്തി നടക്കുന്നു പുസ്തകത്തെ അപ്പൊ ഈ ദേഹാത്മസമയം കൊണ്ട് ഇത് എടുക്കുകയും കളയുകയും ചെയ്യാം പുസ്തകത്തെ കുറിച്ച് ഞാനോ ഉണ്ടാകുമെന്നാണ് ചോദ്യം ഇല്ലാന്ന് ഉത്തരം എന്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന നിവൃത്തിക്കും കാരണമായിരിക്കുന്ന ദേഹാത്മസമയാണ് ജഡമാണ് മനസ്സിലായോ അപ്പൊ ജഡമായ ഏതു നിന്നും എന്തുണ്ടാകത്തില്ല ഞാനോ ഉണ്ടാകത്തില്ല എന്നാര പറയുന്നു എന്ന് പറയുന്നു ആര് പറയുന്നു ഏ അദ്വൈതി പറയുന്നു അദ്വൈതി പറയു ജഡം നിമിത്തമായിട്ട് എന്താണ് ഞാനും ഉണ്ടാകത്തില്ല ഇത് ആരുടെ സിദ്ധാന്തമാണ് തർക്ക പിന്നെ അദ്വൈതി എടുത്ത് പറയുകയാണ് ഒരു വിഷയത്തിനെ കുറിച്ച് ഞാനും ഉണ്ടാവണമെങ്കിൽ അതിന്റെ കാരണം ജഡമായിരിക്കാൻ പാടില്ല പിന്നെന്തായിരിക്കണം മനസിലായത് തകിം ചോദിക്കുകയാണ് അദ്വൈതി ദേഹസ് പ്രയത്നമത് ആത്മസംയോഗോ പ്രയത്നമുള്ള ആത്മാവുമായിട്ടുള്ള ദേഹ സംയോഗം പ്രവൃത്തി നിവൃത്തി ഹേതു അർത്ഥേ അർത്ഥത്തിൽ പുസ്തകത്തിൽ ഉള്ള പ്രവൃത്തിക്കും നിവൃത്തിക്കും ഹേതുവാണോ അർത്ഥപ്രകാശ വസ്തു അർത്ഥത്തിന്റെ ഞാനുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു പറയുന്നു ഇല്ല എന്തുകൊണ്ട് ദേഹാത്മ സംയോഗം ഇപ്പൊ താർക്കിയൻ പറയുന്നതനുസരിച്ച് ദേഹം ജഡമാണ് ആത്മാവ് ജഡമാണ് യോഗം എന്താണ് ജഡ് ഇതെല്ലാം ജഡമ ഇപ്പൊ ജാഠ്യമായിരിക്കുന്ന ഈ ദേഹാത്മസംയോഗം അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നില്ല എന്നാണെങ്കിൽ പറയുന്നു പ്രഭാകരനോട് പറയണം ആര് അദ്വൈതി നിങ്ങളുടെ ഈ സ്വയംപ്രകാശമായ സംയത്വം അർത്ഥത്തെ പ്രകാശിപ്പിക്കത്തില്ല അതാണ് അടുത്ത് പറയുന്നത് സ്വയം പ്രകാശോ പ്രകാശി ഉപപാദിതം ചോദിക്കുകയാണ് ഇതുവരെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ചോദ്യാർത്ഥത്തിലാണ് നിങ്ങളീ പറയുന്ന സ്വയം പ്രകാശമായ സംയുക്തം എന്ന് പറയുന്നത് മിന്നാമിന്നുങ്ങനെ പോലെയാണ് നല്ല ഇരുട്ടത്ത് ആകാശത്ത് മിന്നാമെന്ന് നോക്കിയാൽ മനസ്സിലാവും എന്താണ് എന്റെ പ്രത്യേകത ഉം എന്താണ് നല്ല ഇരുട്ടത്ത് ആകാശത്ത് മിന്നാമിനുങ് പറക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിൽ പ്രകാശം മാത്രമേ കാണാൻ പറ്റൂ ആ പക്ഷിയും കാണാൻ പറ്റില്ല പരിസരത്തിൽ കാണാൻ പറ്റത്തില്ല നല്ല ഇരുട്ടത്ത് ആകാശത്ത് പറക്കുന്നു മനസിലായോ ഖദ്വത പ്രകാശം എന്നോട് ഉദ്ദേശിക്കുന്നതാണ് അല്ല നമ്മുടെ കയ്യില് വന്നിരുന്നതാണോ അതല്ല ഇരുട്ടത്ത് ആകാശത്ത് പറക്കുമ്പോൾ നമ്മൾ വെളിച്ചമേ കാണത്തുള്ളൂ എന്തെങ്കിലും അവിടെ പോകുന്നതാണോ എന്തുകൊണ്ടാണ് അവിടെ എന്താ സംഭവിക്കുന്നത് ആ വെളിച്ചം ആനെ പ്രകാശിപ്പിക്കും ഇനിയാണ് സ്വയം പ്രകാശം എന്ന് പ്രഭാരം പറയും വെളിച്ചം എന്ത് ചെയ്യുന്നു ആ വെളിച്ചത്തെ സഹായം അപ്പം വെളിച്ചം വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നതുപോലെ അറിവ് അറിവിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെ ആയിപ്പോവും പിന്നാമ്പിരുപോലെ ആയിക്കും അറിവ് അറിവിനറിവിനേ പ്രകാശിപ്പിക്കാൻ പറ്റൂ ആ പ്രാണിയെ പോലും പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അർത്ഥത്തെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല ഇതാണ് സ്വയം പ്രകാശത്തിന്റെ കുഴപ്പം പ്രഭാകരം പറയുന്നു മനസ്സിലായോ അറിവ് അറിവിനെ പ്രകാശിപ്പിക്കുന്നു പറഞ്ഞാൽ അത് മാത്രമേ പ്രകാശിക്കൂ ഏ അത് ടോർച്ച് ടോർച്ചിലേക്ക് ടോർച്ചടിക്കുന്നു പറയും പോലായി മനസ്സിലാകാം ഏ നടക്കുന്ന കാര്യ ടോർച്ചിലേക്ക് ടോർച്ചിനെ വിളിച്ചു കുടിക്കാൻ പറ്റും പക്ഷെ മിന്നാമിനൊന്നും അങ്ങനല്ല ആ പ്രകാശം അതിനെ പ്രകാശിപ്പിക്കുന്നു വേറെ ഏത് പ്രകാശം അവിടെ ഇരുട്ടുണ്ട് പ്രകാശം ആ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നു പക്ഷെ അവിടെ ഇരുട്ടല്ല വേറെ ഒന്നും കാണാൻ പറ്റില്ല അതുപോലെ ആയിപ്പോ നിങ്ങളുടെ സ്വയം പ്രകാശം അറിവ് അറിവിനെ പ്രകാശിപ്പിക്കുന്നു പറഞ്ഞ എന്ന് പറഞ്ഞാൽ അർത്ഥത്തെ പ്രകാശിപ്പിക്കാൻ കഴിയിട്ടില്ല ഇതാണ് വിശ്വാസം നിങ്ങൾ സ്വയംപ്രകാശം ഇതുവരെ പറഞ്ഞു വന്നത് ഒന്നിന്റെ ആവശ്യമില്ല ഇതുവരെ പറഞ്ഞേക്കാ വെറുതെ മനുഷ്യന്റെ ബുദ്ധിയായിട്ട് കറക്കിയെന്നുള്ളതാണ് അദ്വൈതി പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു കാര്യമാണ് എന്താണോ നിങ്ങള് സ്വയംപ്രകാശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് മിന്നാമിനിന്റെ പ്രകാശം പോലെ ആവത്തുള്ളൂ മിന്നാമിന്റെ പ്രകാശത്തിൽ ആ പ്രകാശം മാത്രമേ പ്രകാശിക്കൂ വേറൊന്നും പ്രകാശിക്കുക അപ്പോ പിന്നെ ഈ പ്രപഞ്ചബോധം എങ്ങനെയുണ്ടാവും അറിവ് സ്വയംപ്രകാശം ആയാലെന്നാണ് ചോദിക്കുന്നത് മനസിലായ ഞാൻ ഇന്നലെ പറഞ്ഞു എന്ത് ചോദ്യം എന്ന് പറഞ്ഞു ഇവിടെ എന്ത് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം അടുത്തൊരു ചോദ്യം വരാൻ പോകുന്നു ആ ചോദ്യം എന്തായിരിക്കും പറഞ്ഞു എന്താ യമണ്ടൻ ചോദ്യം ഓർമ്മയേണ്ട ഇതാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ ചോദിക്കാൻ ഇതുവരെ ചർച്ച ചെയ്തതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങള് സ്വയംപ്രകാശം എന്ന് പറയുന്നത് മിന്നാമനുങ്ങിന്റെ പ്രകാശം പോലെയാണ് ആണെങ്കിൽ മിന്നാമനങ്ങിന്റെ പ്രകാശത്തെ ആ പ്രകാശം മാത്രമേ ആണ് വേറെ ഒന്നിനും കാണാൻ പറ്റില്ല അപ്പൊ ഈ പ്രപഞ്ചബോധം ഉണ്ടായിട്ടു സ്വയം പ്രകാശം തന്നെ പ്രകാശിപ്പിക്കുന്നു അതാണ് പറഞ്ഞത് മനസ്സിലായോ ഇതൊക്കെ ഞാൻ ചോദിച്ചൊന്നും വിചാരിച്ചതൊന്നും എടുക്കുന്നു അല്ല മനസിലായോ ്രകാശോ എന്താണോ ഇത് ഈ സംയുത്ത് സ്വയം പ്രകാശമാണെങ്കിലും ജ്ഞാനം സ്വാത്മന്യേവ തന്നിൽ തന്നെ എന്ന് വെച്ചാ ആ സംയുത്തിൽ തന്നെ ഖദ്യോതവ ഇന്നാമിനിങ്ങനെ പോലെ പ്രകാശ അതിലേ പ്രകാശിക്കും അർത്ഥ ചെയ്തു ചേട്ടാ അർത്ഥത്തെ അത് പ്രകാശിപ്പിക്കില്ല ഇത് ഉപാധിതം ഇതുവരെ ഞങ്ങൾ തർക്കിച്ചൊക്കെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പ്രവാരണം ഖണ്ണിച്ചല്ലേ അത് ഇതിന് വേണ്ടിയിട്ടാണെന്നർത്ഥം